അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ പിതാക്കൾ കണ്ടെത്തിയതിനേക്കാൾ കൂടുതൽ സന്മാർഗികമായ ഒന്ന് ഞാൻ നിങ്ങൾക്ക് നൽകിയാലും നിങ്ങൾ വിശ്വസിക്കുമോ അവർ പറഞ്ഞു നിങ്ങൾ കൊണ്ടുവന്ന സന്ദേശത്തെ ഞങ്ങൾ നിഷേധിക്കുന്നു